ʻārsalahu bil-hudā wa-dīnil-haq ali-u-žharrahu ala dīni tuallihi wal-hukiriha l-mushrikūn. Allahumma salli ala Muhammadin wa ala aali Muhammadin. Kama sallika ala Ibrahim wa ala aali Ibrahima, inna ka hamidun majid. Allahumma balika ala Muhammadin wa ala aali Muhammadin. Kama baramka ala Ibrahima wa ala aali Ibrahima, inna ka hamidun majid. اما بعتقد ان خير الحديث كتاب الله وخير الحديث محمد صلى الله عليه وسلم وشرر المحطات ذا كل منست بدعاء وكل يد في الضلاله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم ومن الناس من يعجبك قوله في الحياة الدنيا ويشيد الله على ما في قلبه وهو ألد الخصام واذا تولى سحاق القر ليصد فيها ويخلقن حرثا انزل والله لا يحب الفساد واذا قيل له اتق بالله اخذت كل عزته بالذي يفرس بحجرنهم ولبئس مثواهم ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ സർവശക്തനായ രാമനെ സൂക്ഷിച്ചുകൊണ്ട് അവന്റെ അടുത്തേക്ക് മടങ്ങിപ്പോകുന്നവരാണെന്ന വിചാരത്തോടെയും വിശ്വാസത്തോടെയും ജീവിതത്തിൽ നന്മ കൈക്കൊണ്ട് തിന്മ പിടിഞ്ഞും മുത്തതികളായി ഭഗവാൻ എന്നോട് നിങ്ങളോരോരുത്തരോടും ഞാൻ ഉത്ബോധിക്കും അള്ളാഹുബാനു കാല നന്മകൾ ചെയ്തുകൊണ്ട് ഗുണകരമായ മനുഷ്യ സമൂഹത്തിന് പ്രയോജനം ചെയ്യുന്ന നന്മകൾ ചെയ്തുകൊണ്ട് മനുഷ്യ മനസ്സിനെ പരിശുദ്ധമാക്കുകയും അങ്ങനെ മനുഷ്യനെ ഉന്നതനാക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയ ഭൂമിയിൽ നടക്കുന്നുണ്ട് അത്യുത്തമമായ പ്രകൃതത്തോടുകൂടി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ആ പ്രകൃതം ഏറ്റവും അത്യുന്നതിയിലേക്ക് അത് അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടിരിക്കും നന്മകൾ പ്രവർത്തിക്കുമ്പോൾ സമൂഹത്തിൽ ഗുണകരമായ കാര്യങ്ങൾ വളരാനും ഗുണകരമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കപ്പെടാനും ഗുണകരകരമായ കാര്യങ്ങൾ ഉണ്ടായിത്തീരുവാനുമുള്ള താൽപര്യത്തോടുകൂടി മനുഷ്യ സമൂഹത്തിൽ നിലനിൽക്കുമ്പോൾ അത് വളരെ ഉന്നതി പ്രാപിക്കും എന്നാൽ മനുഷ്യൻ ആധമനായിത്തീരും എപ്പോൾ അധമമായ പ്രവൃത്തികൾ ചെയ്യുകയും അധമമായ പ്രവൃത്തികൾക്ക് സാക്ഷ്യം പരിക്കുകയും അധമമായ പ്രവൃത്തികളുടെ കൂട്ടത്തിൽ അതിന്റെ ഭാഗമായിട്ടായി പങ്കുചേരുകയും ചെയ്യുമ്പോൾ അത് മനുഷ്യൻ ഏറ്റവും താഴോട്ട് പോകും ഇത് രണ്ടും ചരിത്രത്തിലെ ഒരുപാട് സാക്ഷിത്വം നമ്മുടെ മുമ്പിലുണ്ട് അതുകൊണ്ട് തന്നെ വിശുദ്ധ ബുഹാൻ ഫസാദ് സാമൂഹിക നാശത്തെക്കുറിച്ച് മനുഷ്യ സമൂഹത്തിൽ ഫസാദ് പ്രചരിപ്പി ധാരാളമായി സംസാരിച്ചിട്ടുണ്ട് മനുഷ്യ സമൂഹത്തിൽ കുഴപ്പങ്ങളും നാശങ്ങളും അതിനായി മെനക്കെട്ടിരുന്ന പല പ്രമുഖമായ ചരിത്ര ആളുകളെ കുറിച്ചും വിശുദ്ധ ഖുർഹാൻ പരാമർശിച്ചിട്ടുണ്ട് ധാരാളക്കണക്കിന് ഫസാദിന്റെ ആളുകളെ വിശുദ്ധ ഖുർഖാൻ നമുക്ക് പറഞ്ഞു തന്നത് അവരുടെ ചരിത്രം പറഞ്ഞു തന്നത് അവരുടെ നിലപാടുകളെയും സ്വഭാവങ്ങളെയും ജീവിതത്തെയും കുറിച്ച് ഖുർഹാൻ നമ്മളെ പരിചയപ്പെടുത്തിയത് വെറുതെയല്ല അതിൽ നിന്നൊക്കെ നമുക്ക് പാഠം ഉൾക്കൊള്ളാനാണ് അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായി ദുനവിയായ കാര്യങ്ങളിലാവട്ടെ മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാകട്ടെ ഫസാദ് അള്ളാഹുസുഖാനോത്തല ഇഷ്ടപ്പെടുന്നില്ല ഒരിക്കലും നാശം അള്ളാഹുസുഖാനോക്കല ഇഷ്ടപ്പെടുന്നില്ല കുഴപ്പം അള്ളാഹു ഹുസുബ് കണ്ണാനോക്കലെ ഇഷ്ടപ്പെടുന്നില്ല വിശുദ്ധ ബുർഖാനിൽ അള്ളാഹു ഷൊഹൈബ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു വചനം എടുത്തുകൊടുക്കുന്നുണ്ട് ഹഫീമിയ പ്രവാചകന്മാരുടെ പ്രാസംഗികൻ എന്നാണ് ഷുഹൈബ് അറിയപ്പെടുന്നത് വളരെ വ്യാജാലമായി സമ്പുഷ്ടമായ ആശയത്തോടുകൂടി സമൂഹത്തോട് സംസാരിക്കാൻ കഴിയുന്ന പ്രസംഗവൈഭവം നൽകപ്പെട്ട ഒരു മഹാപ്രവാചകനാണ് ഷാഹൈബ് അലി സ്വലാത്തു വസ്സലാം അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ചരിത്രം കൊടുക്കുന്ന പേര് ഹദീബ് അൽ അമ്പിയ അംബിയാക്കന്മാരിലെ പ്രാസംഗികൻ എന്നാണ് ആ ഷാബ് അലി സ്വലാത്തു ഒരു വചനം സൂഹത്ത് അല്ലാറാ എൺപത്തിയാറാമത്തെ വചനത്തിൽ വന്നിട്ടുണ്ട് بِكُلِّ سِرَاطٍ سَبِيلِ اللَّهِ من آمَنَ بِهِ قَلِيلًا അള്ളാഹുവിന്റെ വഴിയിലേക്ക് ജനങ്ങൾ കടന്ന വഴിയിൽ നിങ്ങൾ ചെന്നിരിക്കരുത് ജനങ്ങളെ നിങ്ങൾ ഭീഷണിപ്പെടുത്തിക്കൊണ്ടും ഒത്തസുദ്ദുൻ സെമീലില്ലാഹി അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നും ഞാൻ നിങ്ങളെ തടഞ്ഞുകൊണ്ടു ആരെയാണ് നിങ്ങൾ തടയുന്നത് അള്ളാഹുവിൻ വിശ്വസിച്ച ആളുകൾ എന്നിട്ട് അള്ളാഹുവിന്റെ ആ മാർഗത്തിൽ നിങ്ങൾ വക്രത ആഗ്രഹിക്കുന്നു വളവ് ആഗ്രഹിക്കുന്നു ഒതുക്കുറു ഇത് അത്തും കലീലൺ നിങ്ങൾ വളരെ ചുരുങ്ങിയ ഒരു ന്യൂനപക്ഷമായിരുന്ന നിങ്ങൾ അള്ളാഹുസ്ബഹാനുഭവത്താലേ നിങ്ങൾക്ക് എണ്ണത്തിന്റെ ആധിക്യം നൽകി എന്നിട്ട് നന്മയിലേക്ക് കടന്നു വരുവാനുള്ള സൗകര്യങ്ങൾ ചെയ്തപ്പെട്ട നിങ്ങൾ നിങ്ങളുടെ ആധിക്യവും നിങ്ങളുടെ മറ്റ് സൌകര്യങ്ങളും നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് കുഴപ്പമുണ്ടാക്കാനും പന്നുറവും കൈഫക്കാനിപ്പത്തിൽ നുഫ്സിൽ കുഴപ്പമുണ്ടാക്കുന്നവർക്ക് എന്ത് സദ്യവസാനമാണ് ചരിത്രത്തിൽ പൂർവീക സമുദായങ്ങളിലൊക്കെ അള്ളാഹു കൊടുത്തത് എന്നൊന്ന് എന്ന് അള്ളാഹു സുബ് ബഹാന നമ്മളെ ബോധ്യപ്പെടുത്തുന്നു അപ്പൊ ഷോയബ് നബി അലൈഹി സ്വലാം പറഞ്ഞത് വഴി അല്ലെങ്കിൽ പടച്ചതം പുരാൻ അവന്റെ അടിമകൾക്ക് നേരായ സത്യത്തിന്റെ മാർഗത്തിലേക്ക് വരാനുള്ള വഴി ആ വഴിയിൽ നിങ്ങൾ ചെന്നിരുന്ന് കുഴപ്പമുണ്ടാക്കരുത് എന്ന് അവിടെ കൂടിയ കുഴപ്പക്കാരായ സമൂഹത്തോട് ഷഹായബ് നബി അലി ഇസ്ലാം പറയുന്ന ഒരു ഉപദേശം വളരെ വ്യക്തമായി ഞാൻ എടുത്തു പറയുകയാണ് സംബന്ധിച്ച് അള്ളാഹുവിന്റെ എല്ലാ അനുഗ്രഹങ്ങളും അനുഭവിച്ച ഒരു വലിയ രാജ്യത്തിന്റെ ചക്രവർത്തി ഭരണപരമായി സമ്പന്ന സാമ്പത്തികമായും മറ്റു വിധത്തിലുള്ള എല്ലാ സൗകര്യങ്ങളുടെയും മൂർത്തിമൻ ഭാവുമായി ഇരുന്ന ഫിറാവു പക്ഷേ അദ്ദേഹം റുബൂയ്യത്തിന് തന്നെ നിഷേധിച്ചു അനറബുക്കുമില്ല ഞാനല്ലാത്ത ഒരു റബ്ബാരാണ് നിങ്ങൾക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ മുഴുവനും റബ്ബിന്റെ മാർഗത്തിൽ തെറ്റിച്ചു മാത്രമല്ല അയാളുടെ ഫസാദിനെ കുറിച്ച് ഫുരാൻ പറഞ്ഞു മനുഷ്യ സമൂഹത്തെ വിവിധ കക്ഷികളും അതുപോലെ തന്നെ പല വിഭാഗങ്ങളുമാക്കി മാറ്റി മാത്രമല്ല പറയുകയാണ് ആ മനുഷ്യരിൽപ്പെട്ട ഒരു വിഭാഗത്തെ അയാൾ മർദ്ദിച്ചവശരായി ആൺകുട്ടികളെ മുഴുവൻ കൊന്നുകളഞ്ഞു നിസാഹവും പെണ്ണുങ്ങളെ ജീവിക്കാൻ അനുവദിച്ചു മനുഷ്യ സമൂഹത്തിൽ ശാന്തതയും സമാധാനവും ഉണ്ടാക്കുന്നതിന് പകരം കുഴപ്പത്തിന് നേതൃത്വം കൊടുത്ത ആളാണ് ഫിറൌൺ എന്ന് അള്ളാഹുസ് ഇവിടെ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും ആൻ എടുത്തു പറയുന്നുണ്ട് പലരൂപത്തിലുള്ള ആളുകളുടെയും സംഭവങ്ങളും ചരിത്രങ്ങളും എടുത്ത് പറയുന്നുണ്ട് കാറൂർ മൂസ അലി സ്വലാത്തു വസ്സലാമിന്റെ ജനങ്ങളിൽ പെട്ട ഒരാളാണ് മൂസ അലി സ്വലാത്തു ജീവിച്ച ആളാണ് കാറൂർ എന്താണ് കാറൂരി സ്വഭാവം ഈ ദുനിയാവിലെ മുഴുവൻ സൗകര്യങ്ങളും നൽകപ്പെട്ട ഒരു വലിയ സമ്പന്നൻ വലിയ സമ്പന്നൻ അദ്ദേഹത്തിന്റെ ഉടയാളങ്ങളുടെയും ചമത്കാരത്തോടെയും അലങ്കാരങ്ങളുടെയും ഭംഗിയോടും ജനമധ്യത്തിലേക്ക് അദ്ദേഹം പ്രത്യക്ഷപ്പെടുമ്പോൾ ആളുകൾക്ക് കൊതിച്ചു പോകും ആ കാറുവിന് നൽകപ്പെട്ട സൗകര്യങ്ങൾ ഞങ്ങൾക്കും കിട്ടിയിരുന്നെങ്കിൽ എന്നവർ ആഗ്രഹിച്ചു പോകും ബുദ്ധിയും വിവേകവും അറിവും ധ്യാനമുള്ള മനുഷ്യന്മാർ ആളുകളോട് പറയും ഇതൊക്കെ നൈമുഷികമായ കാര്യങ്ങൾ മാത്രമാണ് പടച്ചവന്റെ അടുക്കളയുടെ അനുഗ്രഹങ്ങളാണ് നിങ്ങൾ താൽപ്പര്യപ്പെടേണ്ടത് അങ്ങനെ ആ കാറുവിന്റെ സമ്പത്തിന്റെയും ഗജനാവിന്റെയും ആ കൂമ്പാരമാക്കി വെച്ച ഭൗതിക സൗകര്യങ്ങളുടെയും ഗജനാവുകളുടെ താക്കോലുകൾ മാത്രം താങ്ങാൻ പറ്റുന്ന ആളുകൾ അവിടെ ഉണ്ടായി താക്കോൽ ഖജനാമല്ല പറയുന്നത് ഈ ഭൗതികമായ സുഖ സൗകര്യങ്ങളുടെ അയാൾ സൂക്ഷിച്ചു വച്ച സ്വന്തമാക്കി വെച്ച മഹാസമ്പത്തിന്റെ അമിതമായ കുമ്പാരങ്ങൾ കെട്ടിവച്ചിട്ടുള്ള നിക്ഷേപങ്ങളുടെ നിധികളുടെ താക്കോലുകൾ മാത്രം അത് താങ്ങാൻ കഴിയുന്ന ആളുകൾ ഉണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞത് അത്രമാത്രം വലിയ വലിയ ഭാരം ചുമത്തുന്ന ആളുകൾക്ക് പോലും അയാളെ താക്കോൽ ചുമക്കാനുള്ള കഴിവുകൾ ഉണ്ടായിരുന്നില്ല എത്രമാത്രം സമ്പത്തിന്റെ ഭൂപാരങ്ങളുടെ ഉടമസ്ഥനായിരുന്നു പക്ഷെ അള്ളാഹു എന്താണ് കാർഗുനോട് പറഞ്ഞത് നീരാള കണക്കിന് അക്രമത്തിനും അനീതിക്കും നേതൃത്വം കൊടുക്കുന്നു അള്ളാഹു നിനക്ക് നന്മ കാണിച്ചതുപോലെ നീ ജനങ്ങൾക്ക് നന്മ പ്രവർത്തിച്ചു കൊടുക്കണം വല്ല തീർദഫിൽ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത് ഇന്നല്ലാഹീബു മുദീൻ അള്ളാഹുബാൻ ഒരിക്കലും കുഴപ്പമുണ്ടാക്കുന്നവരെ ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് നല്ലതുണ്ടാക്കാൻ നന്മ വരുത്തുവാൻ വേണ്ടിയുള്ള ശമമാണ് നടത്തേണ്ടത് അള്ളാഹു ഉപദേശിച്ചു പക്ഷെ അവൻ അഹങ്കാരം വർദ്ധിച്ചു ആ അഹങ്കാര നിമിത്തം വലിയ കൊട്ടാരത്തെയും അള്ളാഹു ഭൂമിയുടെ അടിയിലേക്ക് ആഴ്ത്തിക്കടഞ്ഞു മനുഷ്യ നോക്കി നിൽക്കെ മനുഷ്യ സാക്ഷി നിർത്തിക്കൊണ്ട് ഈ വലിയ വലിയ ഭൗതിക ആഡംബരത്വത്തിന്റെ പ്രഭു ആ പ്രഭുവിനെ അള്ളാഹു സുബാന മനുഷ്യർ നോക്കി നിൽക്കെ അയാളെയും അയാളുടെ വീടിനെയും ഭൂമിയുടെ അടിയിലേക്ക് അയറ്റിക്കൊണ്ടുപോയി കാരണമെന്താണ് അയാൾ ഭൂമിയിൽ ഫസാദിന് ഫസാദിന്റെ ആളാണ് ഫസാദിന് സാക്ഷ്യം വഹിക്കുന്ന ആളാണ് മനുഷ്യ സമൂഹത്തിൽ നന്മ വരുത്തുന്ന ആളല്ല എന്ന് വളരെ വ്യക്തമായി ഇഷാനെ അള്ളാഹു സുബാനുത്തൽ പറയുന്നു കപട വിശ്വാസികളെ എടുത്തുകൊണ്ട് സൂറത്തുൽ ബക്രാദിന്റെ പതിനൊന്ന് പന്ത്രണ്ടാമത്തെ വചനത്തിൽ പറയുന്ന എപ്പോഴും നാശത്തിന്റെ ആളുകളാണ് എപ്പോഴും കുഴപ്പത്തിന്റെ ആളുകളാണ് വിശ്വാസികൾക്കിടയിൽ അവരുണ്ടാകും മുഹമ്മദ് മുസ്തഫ സല്ലാ അലൈഹി സ്വലം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ചത് കപട വിശ്വാസികളിൽ നിന്ന് പ്രത്യക്ഷ ശത്രുക്കളിൽ നിന്നല്ല നേരെ മറിച്ച് മദീനയിലുണ്ടായിരുന്ന ഈ കപട വിശ്വാസികൾ സ്വകാര്യമായി യൂതന്മാരുടെ അടുക്കൽ അവരെ നബിയോട് എതിർക്കാൻ വേണ്ടി പ്രേരിപ്പിക്കും ആളുകളെ വിട്ടുകൊണ്ട് മക്കായാലും അടുക്കലേക്ക് ആളുകൾ പറഞ്ഞയക്കും അവരെയും പ്രേരിപ്പിച്ചുകൊണ്ട് കുഴപ്പത്തിന് വേണ്ടിയുള്ള എല്ലാ ചുറ്റാൻ പിടിക്കുന്ന ആളുകളായിരിക്കും പലപ്പോഴും നബി സല്ലാ അലൈസ് അവരുടെ കുഴപ്പം പിടികൂടിയിട്ടുണ്ട് എന്ന് മാത്രമല്ല അലംതറായി ില്ല ഈ മദീന രാജ്യത്തിൽ നിന്ന് നിങ്ങൾ പുറത്താക്കപ്പെടുകയാണെങ്കിൽ ഞങ്ങളും ഉണ്ട് നിങ്ങളെ കൂടെ ഞങ്ങളും തയ്യാറും ആ മോമിനികൾ വിശ്വാസത്തിൽ നിങ്ങളുടെ യുദ്ധത്തിന് വന്നാൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെ യുദ്ധത്തിന് വരും എന്നാൽ അള്ളാഹുദാ സാക്ഷി വഹിക്കുന്നു കപട അവർ പുറത്താക്കപ്പെട്ടാൽ ഇവർ കൂടെ പുറത്തു പോവുകയില്ല അവർ കൊല്ലപ്പെട്ടാൽ ഇവരെ സഹായിക്കുകയില്ല യുദ്ധം ചെയ്യപ്പെട്ടാൽ സഹായിക്കുകയില്ല അവർ തീർച്ചയായും വഞ്ചനയാണ് കാണിക്കുന്നത് അവരെ കുറിച്ച് വിഷുഗ്രഹൻ പരിചയപ്പെടുത്തി ഇത് അശ്ലീലില്ലാ കപട വിശ്വാസികളോട് അഭിസംബോധന ചെയ്തുകൊണ്ടെന്ന് അവർ പറയുകയാണ് നിങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിരുന്ന അവരോട് പറഞ്ഞാൽ മുസ്ലിങ്ങളും ഞങ്ങൾ നന്മ ഉണ്ടാക്കുന്നവരാണ് എന്നിവർ പറയും അലാഖുഖും അവർ ചെയ്യുന്ന പണിയുടെ മഹാദുരന്തം എന്താണ് എന്ന് അവർക്ക് അറിയുന്നില്ല അങ്ങനെ അവർ കുഴപ്പത്തിനിലേക്ക് ചാടുന്നു കുഴപ്പത്തിന് സാക്ഷികളാകുന്നു അതുകൊണ്ട് സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കുന്നതിന് സാക്ഷികളാകാൻ പാടില്ല എന്ന് വിശ്വാസികൾക്ക് ഉപദേശം നൽകുന്ന വളരെ വ്യക്തമായ കാര്യങ്ങളാണ് സമൂഹത്തിൽ നമ്മൾ പരിശോധിച്ചാൽ ഒരുപാട് ഈ രാജ്യത്തിന്റെ ലോകത്തിന്റെ പല ചരിത്രങ്ങൾ പരിശോധിക്കുന്നു ഇവിടെ ധാരാളം പ്രസാദികൾ പ്രസാദത്തിൽ എഴുത്തിക്കാതി വിശ്വാസപരമായ പ്രസാദികൾ നിങ്ങൾക്കറിയാം ഇൽ ഹാറ്റ് ദൈവനിഷേധം പടച്ചവൻ തന്നെ ഇല്ല എന്ന് പറയുന്ന ആളുകൾ അങ്ങനെ അതിന് വലിയ ഒരു രാഷ്ട്രീയമായ അതിനൊരു പിന്തുണ ലഭിച്ചു അങ്ങനെയാണ് മതനിഷേധം ഒരു രാഷ്ട്രീയ മീമാംസയായിട്ട് മാറിയത് മതനിഷേധം ദൈവ നിഷേധം പടച്ചവൻ തന്നെ ഇല്ല അതൊരു വലിയ തത്വശാസ്ത്രമായിട്ട് മാറി ഒരു പ്രത്യേക ശാസ്ത്രമായിട്ട് മാറി പടച്ചവന്റെ ആതിക്യത്വത്തിന് നിഷേധിക്കുക അല്ലല്ല അതൊക്കെ വെറും മതങ്ങൾ മുഴുവനും മായാവിലാസത്തിൽ മനുഷ്യനുണ്ടാക്കിയ ഭാവനാവിലാസങ്ങളിൽ നിന്നുണ്ടാക്കിയ ചില തട്ടിപ്പുകൾ മതം മനുഷ്യകനായക്കുന്ന കറുപ്പാണ് അങ്ങനെ ലോകത്തിന് അതിനൊരുപാട് മാർക്കറ്റ് ഉണ്ടായി രാജ്യങ്ങൾ അതിന്റെ പിടിയിലമർന്നു മനുഷ്യ സമൂഹങ്ങൾ അതിന്റെ പിടിയിലമർന്നു അങ്ങനെ പടച്ചവൻ സൃഷ്ടിച്ച സൃഷ്ടികൾ പടച്ചവന്റെ അനുഗ്രഹങ്ങളാകുന്ന വായു ശ്വസിച്ചും പടച്ചവൻ കൊടുത്ത വെള്ളം കുടിച്ചും പടച്ചവൻ കൊടുത്ത കഴിച്ചും പടച്ചവൻ കൊടുത്ത വീട്ടിൽ താമസിച്ചും പടച്ചവൻ സൃഷ്ടിച്ച ഭൂമിയിൽ നടന്നും അവർ പടച്ചവനെ അനുഷേധിച്ചു പച്ചയായി സഹോദരന്മാരെ ഇതിൽ അത്ര സാമ്പത്തികമായ ഫസാദ് ഏത് രൂപത്തിൽ പണം നമ്മുടെ അടുക്കൽ വരുന്നതിനും അത് പോകുന്നതിനും ഇസ്ലാം വ്യവസ്ഥകൾ വെച്ചിട്ടുണ്ട് ആ വ്യവസ്ഥകൾക്കെതിരായി കൊള്ളയിലൂടെ കളവിലൂടെ കള്ളപ്രചാരണങ്ങളിലൂടെ പലിശയിലൂടെ പലരൂപത്തിലുള്ള ഫസാദുകൾ സാമ്പത്തിക രംഗത്ത് വന്നു അന്ന് രാജ്യങ്ങളും ഭരണകൂടങ്ങളും ആ ഫസാദുകളെ ഏറ്റെടുത്തു അങ്ങനെ ലോകത്തുള്ള സാമ്പത്തിക ക്രമങ്ങൾ മുഴുവനും ഒട്ടുമിക്ക സാമ്പത്തിക ക്രമങ്ങളും അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതിയിലല്ല അപ്പോൾ അതാ ഊപ്പുമുത്തുന്നു നാശങ്ങൾ വിതക്കുന്നു സമൂഹത്തിൽ പാവപ്പെട്ടവർ എന്നും പാവപ്പെട്ടവരായി കഴിയുന്നു പണക്കാരൻ എന്നും കൊഴുപ്പും പണത്തിന്റെ അടുക്കലേക്ക് പോകുന്നു തമ്മിലുള്ള വിഭജനങ്ങൾ വർദ്ധിക്കുന്നു നാശങ്ങൾ ഉണ്ടാകുന്നു യുദ്ധങ്ങൾ ഉണ്ടാകുന്നു വലിയവന്മാർ ചെറിയന്മാരെ അതിക്രമിക്കുന്നു അങ്ങനെ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അകച്ച വർദ്ധിക്കുന്നു ഇത് സ്പർദ്ധയായും യുദ്ധങ്ങളായും അങ്ങനെ കാട്ടുതീ പോലെ സമൂഹത്തിൽ നാശങ്ങൾ ഇതെക്കുന്നു എന്താണ് കാരണം ഇസ്ലാം വെച്ചിട്ടുള്ള സാമ്പത്തിക ക്രമം അത് തെറ്റിച്ചു അവിടെ ഫസാദ്ണ്ടായിരുന്നു അതേപ്രകാരത്തിന്റെ ഫസാദ് ധാർമികമായ കുഴപ്പങ്ങൾ ധാർമ്മികമായ കുഴപ്പങ്ങൾ എന്താണ് വലിയ വലിയ രാജ്യങ്ങൾ ആ രാജ്യങ്ങളിൽ നിയമപരമായി പരിരക്ഷ കൊടുത്തിരിക്കുകയാണ് പുരുഷൻ പുരുഷനെ വിവാഹം കഴിക്കുന്നത് കുഴപ്പമില്ല പെണ്ണ് പെണ്ണിനെ കല്യാണം കഴിക്കുന്നത് കുഴപ്പമില്ല അങ്ങനെ ആരെങ്കിലും ആഗ്രഹിച്ചാൽ ആ സ്വാതന്ത്ര്യം തടയാൻ പാടില്ല ഈവൺ ഈ മഹാവിഢ്ഠിത്വം ചെന്നുചേരുന്നത് ബഹീമ ബഹായിം കന്നുകാലികളെ വിവാഹം കഴിക്കുവാനുള്ള സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ട് തുടങ്ങിയിരിക്കുകയാണ് മനുഷ്യന് മൃഗങ്ങളെ കല്യാണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം അപ്പൊ ഇതിലപ്പുറം ഒരു പ്രസാദിനെ കുറിച്ച് നിങ്ങൾ എന്തായിരുന്നത് ഈ രൂപത്തിൽ അള്ളാഹു വച്ചിട്ടുള്ള നിബന്ധനകളുണ്ട് അള്ളാഹു വെച്ച പ്രദൂതുകളുണ്ട് അള്ളാഹു വച്ച പരിധികളുണ്ട് അള്ളാഹ് വച്ച നിയമങ്ങളുണ്ട് സഹോദരന്മാർ അതാണ് ഇസ്ലാം നമ്മുടെ മുമ്പിൽ പറഞ്ഞിരുന്നത് ആ പരിധികൾക്ക് അപ്പുറമായി കാര്യങ്ങൾ ചെയ്യുമ്പോൾ എല്ലാ വരും അള്ളാഹു സ്ഫഹാൻ മുഹമ്മല ഈ തരത്തിലുള്ള മുഴുവൻ പ്രസാദുകളിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുത്തു ഒന്നുകൂടി അള്ളാഹുവിനെ സൂക്ഷിക്കുവാനും അവന്റെ മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുവാനും നിങ്ങളോടും എന്നോടും ഞാൻ ഉണർത്തുകയാണ് അള്ളാഹു പലരൂപത്തിലുള്ള സംഭവങ്ങൾ കൊണ്ടുവരും ഭൂമിയിൽ നാശങ്ങൾക്ക് ഉദ്യമിച്ച സമൂഹത്തിലുണ്ടായ അപകടങ്ങളെക്കുറിച്ച് നമ്മൾ അനുവദിക്കപ്പെടുത്തുന്നുണ്ട് വൻ രാജ്യങ്ങളുടെ അവസ്ഥ നിങ്ങൾക്കറിയാം പലപ്പോഴും മൂന്നാം ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ വലിയ വലിയ സൈന്യത്തിന്റെയും അധികാരത്തിന്റെയും അതുപോലെ തന്നെ ഭൌതിക സാഹചര്യങ്ങളുടെയും ഭീഷണി കാണിച്ചുകൊണ്ട് വരുതിയിൽ കൊണ്ടുവരും എന്നിട്ട് ആ വലിയ രാജ്യത്തിന്റെ മുഴുവൻ ഫസാദുകളെയും ഈ ചെറിയ രാജ്യങ്ങളിൽ മാർക്കറ്റ് ചെയ്യും ഔഷധങ്ങൾ പലപ്പോഴും വലിയ വലിയ രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്ന മരുന്നുകൾ അവർക്ക് ആ മരുന്ന് പത്യമാണ് ആ മരുന്ന് അവർ ഉപയോഗിക്കുന്നില്ല ഈ അവസരമായ പാവപ്പെട്ട രാജ്യങ്ങളുടെ അവരുടെ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ നിരോധിക്കപ്പെട്ട മനുഷ്യ ആരോഗ്യത്തിന് വളരെയധികം ഹാനികരമായ മരുന്നുകൾ അവർ വിട്ടടിക്കുന്നു അതിൽ നിന്ന് പണം കഴിക്കുന്നു വലിയ വലിയ ഭീമമായ തുകകൾ വലിയ വലിയ പലിശയ്ക്ക് മൂന്നാം രാജ്യങ്ങൾക്ക് കടന്നുകൊടുക്കുന്നു എന്നും കടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാത്ത വിധം സാമ്പത്തികമായ കുത്തഴിഞ്ഞ സാമ്പത്തികമായ താളം തെറ്റിയ കർമ്മങ്ങളിലൂടെ ആ രാജ്യത്തെ ഇടിച്ചു പിഴിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് ടവർ കൊഴുക്കുന്നു വലിയവന്മാർ വമ്പന്മാർ കൊഴുക്കുന്നു ഇത് ലോകത്ത് നാം കണ്ടുവരുന്ന കാര്യമാണ് എന്ന് മാത്രമല്ല മീഡിയകൾ അവരെ ഏതെങ്കിലും ശക്തമായ ആ മീഡിയയുടെ സാന്നിധ്യത്തോടുകൂടി ഇസ്ലാമിനെ കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇസ്ലാമിന്റെ താടി അത് ഭീകരതയുടെ അടയാളമാണ് ഇസ്ലാമിന്റെ മർദ്ദ അത് ഭീകരതയുടെ അടയാളമാണ് കാഹുറുകളെ കൊല്ലണമെന്നാണ് ഖുർആൻ പറയുന്നത് അതുകൊണ്ട് ഖുർആാൻ ഭീകരന്മാരുടെ ഗ്രന്ഥമാണ് കോടതിയിൽ വരെ കേസു അങ്ങനെ പ്രചണ്ഡമായ പ്രചാരണം എല്ലാ രൂപത്തിലുള്ള മീഡിയകളിലൂടെയും എല്ലാ രൂപത്തിലും ഈ ഫസാദിനെ പ്രചരിപ്പിക്കുവാൻ വേണ്ടി ആളുകൾ മെനക്കെടുന്നു അങ്ങനെ ആളുകൾ ഇസ്ലാമിനെ കുറിച്ച് നിരവരാധികളായ മനുഷ്യന്മാർ പോലും തെറ്റീകരിക്കുന്നു ഇസ്ലാം ഓ അത് ഒരു തീവ്രവാദത്തിന്റെ മതമാണ് അതൽപം തീവ്രവാദപരമാണ് അത് ജീവിതസ്പർശിയായ മതമല്ല സഹോദരന്മാരെ ഇത്രയും ലളിതവും മനുഷ്യപ്രചൃതത്തോട് യോജിച്ചതുമായ മതം വേറെ എന്തുണ്ട് ഇസ്ലാമല്ലാതെ പക്ഷേ മീഡിയകൾ അതം കേട്ടെടുത്തു ഫസാദുകളെ പ്രചരിപ്പിക്കുവാൻ വേണ്ടി തന്നെ കരുതിക്കൂട്ടി എല്ലാവിധത്തിലുള്ള കരുതിക്കൂട്ടലുകളോടും കൂടി എവിടെയൊക്കെ ഫസാദ് പ്രചരിപ്പിക്കുവാൻ അവസരമുണ്ടോ അതിനൊക്കെ പെട്ടെന്ന് ഒഴിച്ച് അതിനൊക്കെ തീക്കൊടുത്ത് അതിനെയൊക്കെ പ്രോത്സാഹിപ്പിച്ച് നടക്കട്ടെ നടക്കട്ടെ ബേഷ് ബേഷ് എന്ന് പറഞ്ഞുകൊണ്ട് കൈകൊട്ടുന്ന സംവിധാനം ലോകത്തിന്റെ മീഡിയകളെ നമുക്ക് കാണുവാൻ സാധിക്കും അങ്ങനെ ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചു നമ്മുടെ നാട്ടിലുണ്ടായ പല വർഗീയ കലാപങ്ങളുടെയും പിന്നിൽ ഈ രൂപത്തിലുള്ള മീഡിയകളുടെ കാര്യങ്ങളാണുള്ളത് അങ്ങനെ സാധാരണക്കാരായ വളരെ കാര്യങ്ങൾ നേർക്കുനേരെ ചിന്തിക്കുന്ന മനുഷ്യന്മാരിൽ ഒരുപാട് രൂപത്തിലുള്ള മതത്തെക്കുറിച്ചോ മതചിഹ്നങ്ങളെക്കുറിച്ചോ പമ്പിയാക്കന്മാരെ കുറിച്ചോ ഖുർആാനിനെ കുറിച്ചോ ഇസ്ലാമികമായ അധ്യാപനങ്ങളെ കുറിച്ചോ നിയമസംഹിതങ്ങളെ കുറിച്ചോ ഒക്കെ തെറ്റിദ്ധാരണകൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയുള്ള ലേഖനങ്ങളാവട്ടെ അതുപോലെ തന്നെ വാർത്തകളാകട്ടെ കാര്യങ്ങളാകട്ടെ അവർ പടച്ചുണ്ടാക്കി എന്നിട്ട് അവർ നിരന്തരമായി ഇസ്ലാമിനെ കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുന്നു സഹോദരന്മാരെ ഇതൊരു ഫസാദ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഫസാദിനെ നേരിടണം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വിശുദ്ധ കുർഹാൻ അള്ളാഹുസ്ബാൻ സൂറത്തുൽ ബക്കറ അതിന്റെ ഇരുന്നൂറ്റി ിൽ പറയുന്നു കേട്ടാൽ ആശ്ചര്യപ്പെടുത്തുന്ന ചില ആളുകൾ ഭൗതികമായ കാര്യങ്ങളിൽ ഈ ഭൗതിക ജീവിതത്തിൽ നീ സംസാരം കേൾക്കുമ്പോൾ ശ്രദ്ധിച്ചു പോകും മാത്രമല്ല അയാൾ പറയുന്ന കാര്യം സ്ഥാപിക്കുന്നതിനു വേണ്ടി ഹൃദയത്തിലുള്ളത് അയാൾ ആണയിട്ട് പറയുകയും ചെയ്യും ും എന്ത് അവിടെ കൃഷികൾ നശിപ്പിക്കുന്നതിനും സന്താന മനുഷ്യ വർധനവിന്റെ മനുഷ്യവംശത്തിന്റെ വർദ്ധനവിന്റെ വേണം നാശമുണ്ടാക്കും ഒരിക്കലും കുഴപ്പം ഇഷ്ടപ്പെടുന്നില്ല വൈദാഹിയിൽ അങ്ങനെ കുഴപ്പത്തിന് നേതൃത്വം കൊടുക്കുന്നവരോട് അള്ളാഹുനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞാൽ കുറ്റകരമായ ഒരു അഹന്തൂടും അവന്റെ നരകം മതി അത് ഏറ്റവും മോശപ്പെട്ട ചെന്തെത്തുന്ന സങ്കേതമാണ് സഹോദരന്മാരെ ഖുഹാൻ വിഷു ദുർഹാൻ നമ്മൾ വെറുതെ പറയുന്നതല്ല ഇങ്ങനെ സമാധാനപരമായ രാജ്യങ്ങളെ സമാധാനപരമായ സമൂഹങ്ങളെ സമാധാനപരമായ സാഹചര്യങ്ങളെ എപ്പോഴും അവിടെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുവാനുള്ള എല്ലാ ശ്രമങ്ങളെയും നിരുത്സാഹപ്പെടുത്താൻ വേണ്ടിയാണ് അള്ളാഹുസ്ബാൻ അത്തരം വിശുദ്ധ അല്ലെങ്കിൽ ഇത്തരം ആയത്തുകൾ വചനങ്ങൾ നമ്മൾ പറയുന്നത് ഓരോ വ്യക്തികളാകട്ടെ സമൂഹങ്ങളാകട്ടെ സംഘങ്ങളാകട്ടെ ഈ കാര്യത്തിൽ നമ്മളെല്ലാം ബാധ്യസ്ഥരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ഏറ്റവും അവസാനമായി ഒരു പ്രദേശത്തിൽ നിന്ന് വേറൊരു പ്രദേശത്തേക്ക് നമ്മൾ ആലോചിക്കണം എന്തൊക്കെ സർവനാശികളാണ് വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഏറ്റവും വലിയ ഉദാഹരണം ഇന്നത്തെ സിറിയ രാജ്യം എത്ര സമ്പന്നമാണ് ആ രാജ്യം എത്ര സാംസ്കാരികമായ പൈതൃകത്തിന്റെ പറുതീസയാണ് ആ രാജ്യം അവിടെ ഫസാദ് വന്നു കിങ്കരനായ ഒരു ഭരണാധികാരി നസീരികൾ എത്രയോ വർഷങ്ങൾ സംവത്സരങ്ങൾ അവിടെ ഭരണം നടത്തി ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തെ കടന്നാക്രമിച്ചു ജനങ്ങളുടെ സമ്പത്തിനെ കടന്നാക്രമിച്ചു അങ്ങനെ സിറിയ ശാം ഇന്ന് ദുരന്തത്തിന്റെ ഭൂമിയാണ് പ്രേതഭൂമിയാണ് മനുഷ്യ കബദ്ധങ്ങൾ അഥവാ മരിച്ചു കിടക്കുന്ന ശവശൈരങ്ങളുടെ നാടാണ് എത്ര സമ്പന്നമായ രാജ്യമാണ് അള്ളാഹു സുബ്രഹാൻ ഷാമിന് വർക്കത്ത് നൽകട്ടെ എന്ന് നല്ല പ്രാർത്ഥിച്ച രാജ്യമാണത് ഇറാഖ് ഭൂമിക്കടിയിൽ കറുത്ത പൊന്നും ഭൂമിക്ക് മുകളിൽ കറുത്ത പൊന്നുമുള്ള രാജ്യമാണ് ഇറാഖ് ആ ഇറാഖിന്റെ താഴെ ആ കറുത്ത പൊന്ന് എന്ന് പറയുന്നത് ഓയിലാണ് എണ്ണയാണ് ഭൂമിക്ക് മുകളിലുള്ള കറുത്ത പൊന്ന് അവിടുത്തെ സ്വാദിഷ്ടമായ കാരക്കയാണ് പല ഭാഗങ്ങളിലും സത്യവിശ്വാസികൾ നോമ്പു തുറക്കുന്ന അത് ഇറാഖിൽ നിന്നായിരുന്നു ഇന്നിപ്പോൾ ഇറാഖുകാർ ഒരു ചില കാരക്കുവേണ്ടി കൈനീട്ടിക്കൊണ്ടിരിക്കുകയാണ് അവിടെയുള്ള കൃഷികൾ നശിച്ചു അവിടെയുള്ള സമ്പത്തുകൾ നശിച്ചു മനുഷ്യന്മാർ പരസ്പരം രക്തം ചിന്തുന്ന എന്നും ആർക്കും ഒരു പുതുമയില്ലാത്ത വിവരം ഒരു സ്ഫോടനം നടന്നു എഴുപത്തഞ്ചു പേർ കൊല്ലപ്പെട്ടു നാൽപ്പത്തഞ്ചു പേർ കൊല്ലപ്പെട്ടു പത്ത് പേർ മരിച്ചു ആർക്കാണ് അതിൽ അത്ഭുതമുള്ളത് അതൊരു ഒരു സാധാരണ ചായ പിടിക്കുന്നത് ഒരു സാധാരണ സംഭവം ആരെയാണ് അത്ഭുതപ്പെടുത്തുന്നത് ആരെയാണ് ആശങ്കപ്പെടുത്തുന്നത് അത്രമാത്രം സമ്പന്നമായ ഒരു രാജ്യം അബൂ ഹനീഫത്തിൽ ഖൂഫി ജനിച്ച നാടാണത് ഇമാം അഹമ്മദ് മുൻ ഹംബൽ അലിംഗ് ജീവിച്ച നാടാണത് ഇമാം ഷാഫി റഹ്മുല്ലി അലിംഗി ജീവിച്ച നാടാണത് ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും പ്രഗത്ഭന്മാരായ പണ്ഡിതന്മാരുണ്ടായിരുന്ന വിജ്ഞാനത്തിന്റെ കേന്ദ്രമാണ് ഇറാഖ് പക്ഷേ ആ ഇറാഖിൽ ഇന്ന് രക്തപ്പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ആരാണ് ഈ പ്രസാദിന്റെ കാരണക്കാർ വലിയ വലിയ ആളുകൾ വളരെ നിഗൂഢമായി ആ രാജ്യത്തെ ഫസാദ്ണ്ടാക്കുകയും സമൂഹങ്ങളെയും ഗോത്രങ്ങളെയും തമ്മിൽ തെറ്റിക്കുകയും അങ്ങനെ നാട് കൂട്ടിച്ചോറാക്കുകയും ചെയ്തു ഇത് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയ അതുകൊണ്ടാണ് അള്ളാഹുബാൻ പറയുന്ന സൂഹത്ത് ഇസ്ലാമിനെ ആക്രമിക്കാൻ വേണ്ടിയുള്ള പല രൂപത്തിലുള്ള വിഭാഗങ്ങളും പല സന്ദർഭങ്ങളിലായി നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും അങ്ങനെ അഭിമുഖീകരിക്കുമ്പോൾ നിങ്ങൾ ഉറച്ചു നിൽക്കുക നിങ്ങൾ ധാരാളമായി പടച്ചവരെ ഓർക്കുക ലാലും വിശ്വാസികളെ അന്തിമ വിജയം അള്ളാഹു നിങ്ങൾക്കുണ്ടാകും നിങ്ങൾ കണ്ട് ഭയപ്പെടരുത് ഖുഷിരിക്കെ കണ്ട് ഭയപ്പെടരുത് ഇസ്ലാമിന്റെ ശത്രുക്കളെ കണ്ട് ഭയപ്പെടരുത് പല സന്ദർഭങ്ങളിലായി പല അവസരത്തിൽ പല താഴ്ഫത്തുകളും പല വിഭാഗങ്ങളും ഇസ്ലാമിനെ ആക്രമിക്കാൻ വേണ്ടി വരും പക്ഷെ ആ സമയത്തൊക്കെ നിങ്ങൾ ഉറച്ചു എന്ന് മാത്രമല്ല അള്ളാഹു പറയുന്നു അള്ളാഹുവിനുസരിക്കണം റസൂലിനെ അനുസരിക്കണം ഖുറാനും സ്വന്തം അനുസരിക്കണം വല തനാസും നിങ്ങൾ തർക്കിക്കരുത് ഫലും തർക്കവും വിവാദങ്ങളും നിങ്ങളുടെ ലീഹ് നിങ്ങളുടെ ചൈതന്യം നഷ്ടപ്പെടുത്തിക്കളെ നിങ്ങൾ പരാജയപ്പെടും ശത്രുക്കൾക്ക് മുമ്പിൽ ഇസ്ലാമിന്റെ ദ്രോഹികൾക്ക് മുമ്പിൽ ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള ആ ഗാംഭീര്യം നഷ്ടപ്പെടും അത് പോയി പോകും അതുകൊണ്ട് നിങ്ങൾ ക്ഷമ അവലംബിക്കുക ഇന്നല്ലാ മനസ്സാവിൽ ക്ഷമ അവലംബിക്കുന്നവരുടെ കൂടെയാണ് അങ്ങനെ ക്ഷമ അവലംബിച്ചുകൊണ്ട് സത്യത്തിന്റെ മാർഗത്തിൽ ആദർശത്തിന്റെ മാർഗത്തിൽ ഉറച്ചു നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇസ്ലാമിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് അബ്ദുൽഹിബിന് അബ്ദുൽഹിബിന് സുനുൽ എന്ന സഹാബിയുടെ കഥ നിങ്ങൾ കേട്ടിട്ടില്ലേ ും എന്ന് മു നേതാവ് പ്രഖ്യാപിച്ചപ്പോൾ മദീനയിലേക്ക് സൈന്യം അടങ്ങി വരുന്ന കവാടത്തിൽ ഈ അബ്ദുള്ള കാത്തിനിന്നു മകൻ കാത്തിനിന്നു ഓരോരുത്തരും അങ്ങനെ കടന്നു പോകുമ്പോൾ ആ കവാടത്തിൽ ഇന്നുകൊണ്ട് ബാപ്പ അബ്ദുള്ള സുലുൽ എന്ന മുനാഫിക്കിന്റെ നേതാവ് വന്നപ്പോൾ അവിടെ നിൽക്ക് കടക്കാനായിട്ടില്ല മുഹമ്മദ് മുസ്തഫ്ലൈ വസ്ലം അനുവാദം നൽകിയിട്ടല്ലാതെ പാടില്ല എന്താണ് നീ എന്നോട് പെരുമാറുന്നത് എന്നൊക്കെ ബാബു ദേഷ്യം പിടിച്ചു അവസാനം സൈന്യത്തിന്റെ ഏറ്റവും പുറകിൽ നടന്നുവരുന്ന മുഹമ്മദ് മുസ്ഫാ സലൈ വസ്ലം നടന്നും അബ്ദുല്ല പറഞ്ഞു മുസ്ഫാ സനും അന്തസ്സുള്ളവനും പ്രവാചകനാണ് അന്തസ് നീ നിങ്ങനാണ് അതുകൊണ്ട് നിങ്ങൻ അംഗത്തുള്ള പ്രവാചകനോട് അനുവാദം ചോദിക്കാതെ മദീനിലേക്ക് കടക്കാൻ പാടില്ല മുഹമ്മദ് മുസ്ഫാ സിസ്മയോട് ഈ മുനാബിക്താവ് പറയുന്നു അള്ളാഹുവിന്റെ പ്രവാചകരെ എന്നെ ഈ രൂപത്തിൽ അധിക്ഷേപിക്കുന്നത് കണ്ടില്ലേ അബ്ദുള്ള മുഹമ്മദ് മുസഫാ സല്ലാ അലൈഹി വല്ലയാൾക്ക് അനുവാദം കൊടുത്തു കടന്നു അകത്തേക്ക് കടന്നു മുഹമ്മദ് മുസഫാ സല്ലാ അലൈവിസ്മ അനുവാദം തന്നെങ്കിൽ കടന്നോളൂ എന്ന് പറഞ്ഞു അവിടെ സ്വന്തം പിതാവാണ് അബ്ദുള്ള പറയുന്നത് ഹദ്രദുവാനായ അബ്ദുള്ള മകൻ അബ്ദുള്ള പറയുകയാണ് ഹസറ ജോത്രത്തിലും മുഴുവൻ ആളുകൾക്കും അറിയാം എന്റെ പിതാവിനോട് ഏറ്റവും അബർ ഏറ്റവും ഉദാരമായി ഏറ്റവും ധാർമ്മികമായി ഏറ്റവും പിതാവിനോട് പെരുമാറുന്നത് പോലെ പെരുമാറുന്നവൻ ഞാനാണെന്ന് അറിയാം അങ്ങനെയുള്ള പിതാവിനോട് കൂറും അനുസരണവും പുലർത്തുന്ന ഒരു കുട്ടിക്ക് എന്താണ് ആ മദീനയിലേക്ക് കടക്കേണ്ട പ്രവാചകൻ അനുവദിക്കാതെന്ന് പറയാൻ അവിടെ പ്രശ്നം ആദർശത്തിന്റെ പേരിൽ അയാൾ കടക്കാൻ പാടില്ലെന്ന് പറഞ്ഞു മുഹമ്മദ് മുസഫ സാഹ് അലൈലൈസ് അടുക്കൽ വന്നുകൊണ്ട് അത്തത് പറയുകയാണ് അള്ളാഹുവിന്റെ പ്രവാചകരെ എന്റെ പിതാവിനെ കൊല്ലാൻ നിങ്ങൾ നിർദ്ദേശം കൊടുത്തിട്ടില്ലെന്നാണ് എനിക്ക് വ്യക്തി വിവരം പക്ഷേ ആ അനുവാദം എനിക്ക് തന്നാലും ഞാൻ കൊന്നുള്ള പാപ്പയെ കാരണം എന്റെ പിതാവിനെ നിങ്ങൾ ആരോടെങ്കിലും കൊല്ലാൻ ആവശ്യപ്പെട്ട് അവർ കൊല്ലുകയും അവസാനം ഞാൻ എന്റെ പിതാവിന്റെ ഘാതകരെ കണ്ണാൽ കണ്ടിങ്ങനെ നടക്കുകയും പിശാചന്റെ മനസ്സിൽ പ്രതികാര ധ്വനി ഉണ്ടാക്കുകയും അങ്ങനെ ഞാൻ എന്റെ പിതാവിനെ കൊന്നവരെ കൊല്ലുകയും ചെയ്താൽ ഒരു മുസ്ലിമിനെ കാവലിന് പകരം കൊന്ന് നരകത്തിൽ കടക്കേണ്ടി വരും അതുകൊണ്ട് പിതാവിനെ ഞാൻ കൊന്നുള്ള എന്നാവശ്യപ്പെട്ട ആളാണ് അബ്ദുൽ അബ്ദുല്ലാഹിബിനു മുഹമ്മദ് സലാ വലൈസ്ലം പറഞ്ഞു ഞാൻ അങ്ങനെ കൊല്ലാൻ കല്പിച്ചിട്ടില്ല ഞാൻ അദ്ദേഹത്തോട് മൃദുനുമായി പെരുമാറും താങ്കളുടെ പിതാവായ അബ്ദുള്ള താമസിക്കുന്നിടത്തോളം കാലം സിനുവിലയിൽ ഞങ്ങൾ അവനോട് നന്മ പ്രവർത്തിക്കും എന്ന് പറഞ്ഞുകൊണ്ട് സമാധാനത്തോടുകൂടി മകനെ പറഞ്ഞയക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് വാപ്പയെ കൊല്ലാൻ അനുവാദം ചോദിച്ചെന്ന മകന്റെ ആ വികാരം അത് ആദർശത്തിന്റെ വികാരമാണ് സത്യത്തിന്റെ വികാരമാണ് അതുകൊണ്ട് സഹോദരന്മാരെ കുഴപ്പം അള്ളാഹു സുബ്രഹാനോത്തല ഇഷ്ടപ്പെടുന്നില്ല നന്മയാണ് അള്ളാഹു ഹു സുബ്രഹാനോത്തൽ ഇഷ്ടപ്പെടുന്നത് ആ നന്മക്ക് നമ്മൾ സാക്ഷികളാകുക തിന്മയിൽ നമ്മൾ പങ്കാളികളാകാതിരിക്കുക അതാണ് ഒരു മുസ്ലിം സമൂഹത്തിന്റെ നന്മക്ക് ഏറ്റവും നല്ലത് അള്ളാഹ് ഹുസുബഹാനോ തല നമുക്ക് തോഫിക് പെർക്കുമാറാകട്ടെ ബ്രഹ്മാനായത്തിലും പരത്തിലും നന്മ പ്രവർത്തിക്കുന്നവരുടെ കൂടെ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ എല്ലാവിധ തിപ്പനുകളിലും പ്രസാദുകളിലും അള്ളാഹുഹു സുബ്രഹാനോത്തല മുസ്ലിം സമുദായത്തെ രക്ഷപ്പെടുത്തുമാറാകട്ടെ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടുപോയാൽ പുതിയ വീട്ടിൽ അബ്ദുറഹ്മാൻ തൃശൂർ ജില്ലക്കാരനാണ് കുലിക്കുഴി അതുപോലെ വണ്ടൂർ സിദ്ദീഖിന്റെ മകൻ അർഷാദ് പതിമൂന്ന് വയസ്സായിട്ടുള്ള ഒരു വാഹനാപകടത്തിൽ മരണപ്പെട്ടതായി അറിയിച്ചിട്ടുണ്ട് ഉമ്മർ കുരുവങ്ങാട് അതുപോലെ മറിയം ബി ഈ നാലും സഹോദരി സഹോദരന്മാർക്കും മുല്ലാഹുസ് റഹ്മാന്റെ പറലോകത്ത് ുംബനുസ് اللهم <سؤال> اجعل من هذا جمع مرحوما واجعل تفرقنا من بعده تفرقا معصوما اللهم لا اغلي قلبي ولا معاشه طيبا ولا رحمه ربنا اعطينا في الدنيا حسنه وفي الاخره حسنه واجعلنا من عبادك الناه باخره عنا الحمد لله رب العالمين اللهم صل وسلم وبارك على سيدنا محمد